പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഓ വിശ്വാസികളെ അള്ളാഹു സുബഹാനഹു വറ്റ ആരാക്കും അവൻറെ ദൂതനും മുൻപായി നിങ്ങൾ മുൻകടക്കരുത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു സുബഹാനഹു വറ്റ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു